ാണ് ശ്രുതി സ്മൃതി ഇതിഹാസം പുരാണം അതിന്റെ വിഷയമാണ് അങ്ങനെയൊക്കെയാണ് കേവലം വേദം മാത്രമാണ് സാമനികാലം പറയുമ്പോൾ ആത്മാവിന് പ്രമാണമായി തന്മൂല അതാണ് തന്മാള തത് അവിരുദ്ധ ന്യായ നിർണ്ണീത അതിന് വിരുദ്ധമല്ലാത്ത വ്യക്തി കൊണ്ട് ഏതിന് വിരുദ്ധമല്ലാത്തത് ഏതിനാണ് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ന്യായം നിർമ്മീകം വ്യക്തിയിലൂടെ നിർണ്ണയിക്കപ്പെട്ടതാണ് അങ്ങനെ നിർണ്ണയിക്കപ്പെട്ട ശുദ്ധ ബുദ്ധ മുക്തൃ ചിതാത്മാവിന്റെ ശുദ്ധമാണ് അത് ബുദ്ധമാണ് മുക്തമാണെന്ന് പറയുന്നത് വ്യക്തിയിലൂടെ നിർണ്ണയിക്കപ്പെട്ടതാണ് അത് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലെല്ലാം പറയുന്നതാണ് വിരോധമില്ല സത്യവിനയം നിർവാ ബ്രഹ്മം എന്ന് പറയുന്ന ഈ കാര്യത്തെ ഇത് ഇവരെല്ലാം പറയുന്നു ഈ ആചാര്യന്മാരെല്ലാം പറയുന്നത് ബ്രഹ്മം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉണ്ടെന്ന് പറയാൻ കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ യുക്തിക്ക് നിരക്കുന്നു വിരള്ള ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചങ്ങ് ഇനി പറയും പക്ഷെ ബ്രഹ്മമുണ്ട് എന്ന് തർപ്പിച്ചു പറയുന്നതിന് കാരണം അത് വേദം വേദം ഗീത പോലെയുള്ള സ്മൃതികളിൽ രാമായണം മഹാഭാരതം ഇതിഹാസം പിന്നെ പുരാണങ്ങൾ ഗീതൊക്കെ സ്മൃതിക്കണം എല്ല മനുസ്മൃതി എല്ലാം അതിനെല്ലാം പറഞ്ഞിരിക്കുന്നോണ്ടാണ് ഈ ബ്രഹ്മുണ്ടെന്ന് പറയുന്നത് മനുസ്മൃതിയിലൊക്കെ വ്യക്തമായി പറയുന്നത് വേദം വഴിയുള്ള എല്ലാം സ്മൃതിയാണ് സ്ഥാമരൂപത്തിലുള്ള മന്ത്രങ്ങൾ അത് വഴിക എല്ലാം സ്മൃതിയാണ് മുസ്ലിം ഭഗവത്ഗീതാസുപനിഷസ്തു പറയുന്നത് അത് അതിനോടുള്ള ബഹുമാനങ്ങളുണ്ട് അതായത് വേദത്തിൽ പറയുന്ന തത്വത്തെ ഗീതീ പറയുന്നുണ്ട് അതിനോപനിഷത്വം എന്ന് പറയുന്നുള്ളൂ ഗീതാവനിഷത്വം ശരിക്കും സാങ്കേതികമായി വേദങ്ങൾ മാത്രമേ ഉപനിഷത്വം എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് സത്വേനൈവ സത്തായിട്ട് തന്നെയാണ് എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അസത്തായിട്ട് നിർവചിക്കാൻ പറ്റില്ല ശൂന്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല സത് അസത്തൊന്നും നിർവചിക്കാൻ പറ്റിയില്ല പിന്നെ ഇത് സത്താണ് അബാധിത സ്വയം പ്രകാശത ഇതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മസത്താണെന്ന് പറഞ്ഞാൽ ഇതിൽ സത്തയുണ്ടെന്നാണ് ഒരിക്കലും ബാധിക്കപ്പെടാത്തതാണ് എന്നുവെച്ചാൽ നശിക്കാത്തതെന്നോ എന്ന് പറയാം അസത്യം ഒന്നും ബോധിക്കാത്തതോ ഒരിക്കലും നമുക്ക് അസത്യം ഒന്ന് ബോധിക്കാൻ കഴിയാത്തതോ സത്യമായതുമായ സ്വയം പ്രകാശ സ്വയം പ്രകാശം എന്നുവെച്ചാൽ ജ്ഞാനം ദേവ അസ്യസത്ത സ്വയം പ്രകാശം എന്ന് ്രഹ്മത്തിന്റെ സത്ത എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഒന്നാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപത്തിലുള്ള ജ്ഞാനം എന്താ ബ്രഹ്മത്തിന്റെ ഞാനാണ് ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണ് ആ ബ്രഹ്മജ്ഞാനത്തെ തന്നെയാണ് ജ്ഞാനരൂപത്തിലുള്ള ബ്രഹ്മത്തെയാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ അത് മറ്റൊരു പ്രകാശത്തിന്റെ സഹായം കൂടാതെ പ്രകാശിക്കുന്നത് ഇപ്പൊ പുസ്തകം എനിക്ക് പ്രകാശിക്കാന്ന് വെച്ചാൽ ഞാനതിനെ അറിയുക അറിയണമെങ്കിൽ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് ബ്രഹ്മങ്ങനെയല്ല അത് സ്വയം അറിവാണ് അത് അറിവായി പ്രകാശിക്കുന്നതിന് വേറെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് വേറൊരു പ്രകാശത്തിന്റെ ആവശ്യം അതുകൊണ്ട് സ്വയം പ്രകാശം ചിലവും മടങ്ങും ഇടം സ്വയം പ്രകാശം ബ്രഹ്മ അത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് രണ്ടും കൂടെ ശബ്ദത്തിന്റെ വ്യത്യാസമുണ്ട് അർത്ഥത്തിന്റെ വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്ന സഹജസ്വരൂപം ചിതാത്മനാണ് സ്വരൂപമാണ് എന്റെ സത്യം ചിത്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ചിതാത്മാ ജ്ഞാനസ്വരൂപനായ ആത്മാവ് അത് തന്നെയാണ് സത്യം ഉമ്മ സത്വംന്ന് പറയുന്ന ഉണ്മ്മയും ചത്വന്ന് പറയുന്ന ജ്ഞാനും ഒന്ന് പറഞ്ഞു അതെന്റെ സ്വരൂപമാണ് പിന്നെ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന എന്താണ് നമ്മളതിനെ കുറിച്ച് അറിയുമ്പോ നമുക്കുണ്ടാകുന്ന ഞാനാണ് ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് സ്വയം ജ്ഞാനമാണ് സത്താസാമാന്യ സമവായോ അർത്ഥക്രിയാകാരിത വർവം അവ തദതിരിതം ഈ പറഞ്ഞതിൽ നിന്ന് വേറിട്ട് സത്താ എന്ന് പറയുന്ന എന്റെ സ്വരൂപമാണ് ജ്ഞാനമാണ് അതിനപ്പുറമായി സത്താ സാമാന്യ സമവായോ ഇത് താർക്കികന്മാർ പറയുന്ന സത്താസാമാന്യം അതിന്റെ സമവായം എന്ന് വെച്ചാൽ അത് സമവായ സംബന്ധത്തിൽ ആത്മാവിൽ ഇരിക്കുന്നതല്ല അപ്പൊ താർക്കികന്മാരെന്തു ചെയ്യുന്നു കർമ്മം സാമാന്യം എന്നൊരു പദാര്ത്ഥത്തെ സ്വീകരിക്കുന്നു ആ പദാർത്ഥം ആത്മാവിൽ സമവായ സംബന്ധത്തിൽ ആത്മാവിനെ സത്വം എന്ന് പറയുന്നത് ആത്മാവ് സത്വം ത്തയുണ്ട് ആത്മാവിൽ സത്താണോ എന്നൊക്കെ പറയുന്നത് താർക്കികന്മാർ പറയുന്നത് സത്ത എന്ന് പറയുന്ന ഒരു പദാർത്ഥം അതിരിക്കുന്നു സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു അതി ചേർന്നിരിക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കില്ല ഇവിടെ ബ്രഹ്മത്തിൽ നിന്ന് പേരിട്ട് ഒരു പദാർത്ഥവും സത്യമായിട്ടില്ല സത്തയുമില്ല പിന്നെ എന്താണ് ബ്രഹ്മം തന്നെ സത്യം അത് തന്നെയാണ് ചിത്രം അതുതന്നെയാണ് ആനന്ദം ശബ്ദത്തിന്റെ വ്യത്യാസവും അർത്ഥത്തിൽ വ്യത്യാസവും തത് അതിരിത ചിതാത്മ സ്വരൂപത്തിൽ നിന്നതിരിതമായി സത്താ സാമാന്യം താർക്കികന്മാർ പറയുന്ന സത്താസാമാന്യത്തിന്റെ സമുദായമല്ല സത്താന്ന് പറയുന്നത് ഇനി ബൗദ്ധന്മാർ സത്താന്ന് പറയുന്നത് എന്താണ് അർത്ഥക്രിയ കാര്യത അർത്ഥക്രിയ എന്ന് വെച്ചാൽ പ്രയോജനമുള്ള ക്രിയ ആ അത് എവിടെ സംഭവിക്കുന്നു അതാണ് സത്ത് എവിടെവര് പ്രയോജനമുള്ള ക്രിയ സംഭവിച്ചു കഴിഞ്ഞാത് സത്താണ് പാത്രം സത്താണ് എന്തുകൊണ്ട് അതിൽ പ്രയോജനമുള്ള ഒരു ക്രിയെ സംഭവിക്കുന്നു അതുകൊണ്ട് വെള്ളം കോരാ പാകം ചെയ്യാം അപ്പൊ പ്രയോജനമുള്ള ക്രിയ സംഭവിക്കുന്നത് കൊണ്ട് അതിനാണ് അർത്ഥക്രിയാകാരിക അത് സത്താണ് അല്ല വേറെ സത്ത എന്ന് പറയുന്ന അർത്ഥമില്ല സത്താ സാമാന്യം താഴ്ത്തിയന്മാർ പറയുന്നത് അത് മാത്രം സത്ത് എന്ന് പറയുന്നൊരു കാരണം അതുകൊണ്ട് പാകം ചെയ്യാതെ പ്രയോജനമുള്ള ക്രിയ ഉള്ളത് ഏതിനാണോ അത് സത്താണ് ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ബ്രഹ്മസത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മസത് സ്വരൂപം എന്നാണ് അപ്പൊ സത് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്തമല്ല ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആനന്ദം ആനന്ദം എന്താണ് സത്ത് അല്ല അപ്പൊ മൂന്നും എന്താണ് ഒന്നു അല്ല ഇങ്ങനെയാണ് അത് ചെയ്യുവ ഇങ്ങനെ സർവ എന്താ ഇവിടെ പൂർണമായി ശുദ്ധമായി ദോഷരഹിതമായി എന്ത് അഭ്യാസം എന്ന് പറയുന്ന ആ സിദ്ധാന്തങ്ങൾ പൂർണമായി അദ്വൈതം എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായും നടത്തും ഇത്രയും ഭാഗം കൊണ്ട് അഭ്യാസത്തിന്റെ പൂർവപക്ഷവും സിദ്ധാന്തവും വിശദീകരിച്ചു എന്നാണ് ഇതൊരു വിശദ ഒരു ഭാഗം ഇവിടെ പൂർത്തിയായിരിക്കണം മനസിലായ എന്തെങ്കിലും മനസ്സിലായോ ഏ ഒരു പൊടി മനസിലായോ ഇത് ഇതിന്റെ എന്താണ് ഇതൊരു വളരെ പ്രൗഢഗ്രന്ഥമാണ് ചെറിയൊരു സംഘ അപ്പൊ ഇതിനകത്ത് എന്നിട്ട് ഇതിനകത്ത് മനസിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അന്വീതത്തെ സംബന്ധിച്ച് അദ്വീതം മാത്രമല്ല മറ്റു പല പല വാദങ്ങളും മറ്റുള്ള അഭിപ്രായങ്ങളും എല്ലാം ഉണ്ട് ആദ്യം കേൾക്കുന്നവർക്ക് സാധാരണഗതിയിൽ അങ്ങോട്ടും കുടിക്കാൻ പ്രയാസം പൂർണ്ണമായൊക്കെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല പിന്നെ നിരന്തരമായതിനെക്കുറിച്ച് ചിന്തിച്ച് ആദ്വൈതത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കും ഒരുപാട് വിശദമായ വിപുലമായ ചർച്ച ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതെല്ലാം അങ്ങോട്ട് മനസ്സിൽ കൊള്ളിച്ചു വയ്ക്കാൻ അത്ര പിന്നെ നോട്ടുകളൊക്കെ തയ്യാറാക്കി പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആശയമാണത് സങ്കരഭാഷ്യ ആശയമാണത് വിപുലമാക്കിയത് അതുപോലെ എന്ന് വെച്ചാൽ ആത്മോദം ബാലരാമ പണിക്കര് വ്യാഖ്യാനിച്ചില്ല അതുപോലെ തന്നെ ആത്മോദം തന്നെയാണ് ആത്മപ്പണിക്ക് പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമാണ് അതുപോലെയുള്ളൊരു വ്യത്യാസം ബാലരാ പണികരുടെ വ്യാഖ്യാനം മനസ്സിലാകണം ഇതെല്ലാം പഠിക്കണം എന്നാലും ആത്മ ഉപദേശം നോക്കിയ ഒരാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാ ബാലരാം പണിക്കയുടെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ പിന്നെ അത് പഠിക്കും പ്രത്യേകം അതുപോലെ വേദാന്തം എന്തേന്ന് വെച്ചാണോ അതൊക്കെയാണ് ഓ സംസ്ക പിന്നെ ഇത് പഠിക്കുമ്പോ ഇതൊക്കെ വളരെ ആഴമുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ടെന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായാൽ വലിയ കാര്യമാണ് മനസ്സിലായി അദ്ദേഹം വിഷയം ഒത്തിരി ആഴമുള്ള വിഷയമാണ് അതിനകത്ത് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നറിയുന്നത് അപ്പൊ അദ്വൈതത്തിനോടൊരു ബഹുമാനം തോന്നും അത്രേ ഉള്ളു അല്ലെങ്കി നമ്മക്ക് വായി തോന്ന വിളിച്ചു വാങ്ങി നമ്മള് ലക്ഷണം വാങ്ങിക്കും ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇതിനോടൊരു ബഹുമാനം തോന്നുള്ള റിയേണ്ട വിഷയങ്ങളാണ് എന്തായാലും ഏഹ് യോഗത്തിലുണ്ടോ നേരത്തെ ഉണ്ടോ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം എന്നുള്ള ഇതില്ല വരുന്നത് വളരെ തീർക്കാതെ നൂറ്റാണ്ടുകൾ വരുന്നു യോഗവാസിഷ്ടവും ഇതുമൊക്കെ സമകാലത്തായി അടുത്തടുത്ത കാലങ്ങളിലായി ഇതൊന്ന് കാലം അറിയാൻ പറ്റും എന്താർക്ക് ശേഷമാണത് അതിനടുത്ത കാലമാണ് വിദ്യാർത്ഥി സ്വാമിക്ക് മുമ്പ് പ്രചോദനമായി ഇതുവരെ അടുത്ത ഭാഗങ്ങൾ അതായത് ആ പൂർവപക്ഷ സിദ്ധാന്തം ആദ്യം പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം ഒരിക്കൽ കൂടെ മനസ്സിലാകാത്തവരൊന്നുകൂടെ നോക്കിക്കൊള്ളൂ കാരണം ഒന്നും മനസ്സിലാകാതെ പോയിട്ട് കാര്യങ്ങളില്ല കുറച്ചുകൂടെ ഒരു വ്യക്തത വരാൻ വേണ്ടി ആദ്യം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചല്ല ുരുക്കി പറഞ്ഞോളൂ തുടക്കമാകും ക്രമമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം വെറുതെ സമയങ്ങളെ കുറെ കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ട് ണോ അപ്പൊ ഇനി ശ്രദ്ധിച്ചാലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം യുഷ്മസ്മത് പ്രത്യേകോതിരോ വിഷയ വിഷമോത്തമപ്രകാശവും സ്വഭാവമോ എതിരെ ഭഗവാൻ ശ്രദ്ധയാം അധ്യസപൂർവോക്ഷ തുടക്കം മുതൽ കണ്ടോ പ്രസ്തകത്തില് കണ്ടോ ഇവിടെ തുടക്കം പോലെടുത്തോ സിഗ്ധം അപ്രയോജനം ഒരു കാര്യം സംശയമില്ല പ്രയോജനമില്ലെങ്കിൽ വിവേകിയായ ഒരു മനുഷ്യൻ അത് അറിയാൻ ആഗ്രഹിക്കത്തില്ല ഒരാളോട് അറിയാൻ ആഗ്രഹിക്കുന്ന എന്തിയായി സംശയം വേണം പ്രയോജനം വേണം യഥാസമനസ് കേന്ദ്രീയ സന്നിഗൃഷ്ട പീതാലോകമദ്ധ്യവർത്തി ഘടക കരടദന്ദ നട്ടുച്ചയ്ക്ക് നല്ല വെളിച്ചത്തിൽ ഒരു മൺപാത്രം വച്ചിരിക്കുകയാണ് ഒരാളത് കാണുന്നു അയാളുടെ മനസ്സ് വേറെങ്ങും പോകുന്നില്ല അസന്ധിഗ്ധ സംശയമില്ല കണ്ണുണ്ട് നോക്കുന്നു പാത്രത്തെ പാടും പിന്നെ അയാൾ അറിഞ്ഞുകഴിഞ്ഞല്ല പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അറിഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട് പാത്രം മുമ്പിലുണ്ട് കണ്ണു കാണുന്നുണ്ട് മനസ്സവിടെയുണ്ട് അറിഞ്ഞു പിന്നെ അറിയാൻ ആഗ്രഹം ഉണ്ടാകത്തില്ല കരടതെന്താവാ കാക്കപ്പല്ല് കാക്കപ്പല്ല് അറിയാൻ ആർക്കും ആഗ്രഹം ഉണ്ടാകത്തില്ല കാരണം കാക്കയ്ക്ക് പല്ലുണ്ട് അറിഞ്ഞിട്ട് പ്രയോജനമുണ്ട് അതറിഞ്ഞിട്ടും പ്രയോജനമുണ്ട് ഇല്ലാത്ത അറിഞ്ഞിട്ട് പ്രയോജനം തഥാച ഇതം ബ്രഹ്മ പൂറോക്ഷി പറയണ ബ്രഹ്മ അതുപോലെയാണ് ഇതി വ്യാപക വിരുദ്ധ വ്യാപക വിരുദ്ധമായ ഉപലബ്ധിയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ എവിടെ എല്ലാം അറിയാൻ ആഗ്രഹമുണ്ടോ അറിയുകയാണെങ്കിൽ വിചാരം ചെയ്യുക രണ്ടു രീതിയിലും പറയാം അവിടെയെല്ലാം സംശയവും ഉണ്ടായിരിക്കണം പ്രയോജനവും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എവിടെ എവിടെയെല്ലാം ഒരാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ അവിടെ എവിടെയെല്ലാം എന്തൊക്കെ വേണം സംശയവും വേണം പ്രയോജനവും വേണം എവിടെ എവിടെയെല്ലാം ധൂമുണ്ടോ അവിടെയെല്ലാം മഞ്ഞ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോഴേ പറയുന്നു എവിടെ എവിടെയെല്ലാം അറിയാൻ ആഗ്രഹമുണ്ടോ അവിടെ എവിടെയെല്ലാം സംശയവും കാണും പ്രയോജനവും കാണും പിന്നെ സംശയവും ഇല്ല പ്രയോജനവും ഇല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമില്ല ഇതിനാണ് വ്യാപക വിരുദ്ധ ഉപലബ്ധി എന്ന് പറയുന്നത് വ്യാപകമില്ലെങ്കിൽ വ്യാപ്യവുമില്ല അവിടെ ആദ്യം വ്യാപ്യം എന്താണ് വ്യാപകം അറിയുന്നു ഇവിടെ എവിടെയെല്ലാം അറിയാൻ ആഗ്രഹമുണ്ടോ അത് വ്യാപ്യം അവിടെയെല്ലാം സന്ദേഹവും ഉണ്ട് പ്രയോജനമുണ്ട് വ്യാപകം ഇനി വ്യാപക വിരുദ്ധ വിദി എന്താണെന്ന് അറിയണേ എവിടെയാണോ വ്യാപകമില്ലാത്തത് ഇവിടെ സംശയമില്ല പ്രയോജനമല്ല അവിടെ വ്യാപ്യം അറിയാനുള്ള ആഗ്രഹവും ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങനെ എന്താണോ അവിടെ ആർക്കും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് അതിനെ കുറിച്ച് ആർക്കും സംശയവുമില്ല അറിഞ്ഞിട്ട് പ്രയോജന ബ്രഹ്മത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലാതെങ്ങനെയെന്ന് വിശദീകരിക്കും അതാണ് തഥാചിതം ബ്രഹ്മ ബ്രഹ്മ അതുപോലെയാണ് അത് പൺപാത്രത്തിന്റെയും കാക്കപ്പല്ലിന്റെയും കാര്യം പറഞ്ഞ പോലെയാണ് അതെങ്ങനെ പറയുന്നു ബ്രഹൃത്വ ബ്രഹ്മണത്വാത്മേവ ബ്രഹ്മേരി ബ്രഹ്മം എന്താണ് പറയുന്നത് ആത്മാവ ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മത് ബൃഹത്വ വളരെ വലുതായിരുന്നുണ്ട് ഈ ശരീരം വാർദ്ധകൃം ഇങ്ങനെ പല പല പരിണാമങ്ങളിലൂടെ കടന്നുപോകുന്നുള്ളോ അതിന് കാരണം ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് അപ്പൊ ആത്മാവ് തന്നെ ബ്രഹ്മ എന്ന് ചുരുക്കം അതുകൊണ്ടെന്താ സത്യം ആ കീടപതം കേ ആചർഷ്യ മാത്രേഹേന്ദ്രിയോവിധി വിഷയേഭ്യോ വിവേകേന അഹമിതി അസന്ധ അവിപര്യോ ആത്മാവെന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യക്ഷമായി അറിയാവുന്നതാണ് ആർക്ക് ആ കീടപതങ്കേ കീടങ്ങൾ പക്ഷികൾ തുടങ്ങി മനുഷ്യർ ദേവന്മാരെല്ലാവർക്കും അറിയാവുന്നതാണ് ദേവർഷിക്ക് ദേവർഷികൾക്കും എല്ലാവർക്കും അറിയാം എല്ലാ പ്രാണികൾക്കും അതാണ് പ്രാണി മാത്രം എങ്ങനെ അറിയുന്നു ദേഹം ഇന്ദ്രിയം മനസ്സിൽ നിന്നൊക്കെ വേർട്ടഹം എന്നുള്ളതിന്റെ ആശ്രയമായി എല്ലാവരും ആത്മാവിനെ അറിയുന്നുണ്ട് ഈ ഞാനെന്ന് പറയുന്നത് എന്താണ് എന്തിനാണ് ആത്മാവിനാണ് എന്തുകൊണ്ട് ദേഹം ഇന്ദ്രിയം മനസ്സിൽ ഇതിനൊക്കെ എന്റെ എന്നാ പറയുന്നത് ഇതിനൊന്നും ഞാനെന്തല്ല പറയുന്നു ഇതിനെയൊക്കെ എന്തുപറയുന്നു എന്റെ അല്ല അതിൽ നിന്ന് വേറിട്ടിരിക്കുന്നെന്തോ അതാണ് ഞാൻ അതാണ് ആത്മാവ് ആത്മാവിനറിയ ഇത് നജിജ്ഞാസാസ്പദം എല്ലാവരും പ്രത്യക്ഷമായി അറിയുന്നുണ്ട് ഇതിനറിയാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടാകും ആത്മാവനറിയാത്ത ആരെങ്കിലും ഉണ്ടാവും പൂർവപക്ഷണീ പറയുന്നതൊക്കെ മറന്നുപോയി അതുകൊണ്ട് അത് അറിയേണ്ട ആവശ്യമില്ല പിന്നെ സംശയമുണ്ടോ ആർക്കെങ്കിലും ആത്മാവൻ എന്നാ ജാതകസ്ഥ സന്ദിഗ്ധി ആരും തന്നെ ആത്മാവിനെ കുറിച്ച് സംശയിക്കുന്നുണ്ട് എങ്ങനെ അഹമ്മ നാഹമ്മ ഞാൻ ഉണ്ടോ ഇല്ലയോ അങ്ങനെ സംശയിക്കുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ ഉണ്ടോ ഇല്ലയോ സംശയമില്ല എന്നെ വിപര്യസ്ഥിതി നാഹമേവ വിപരിയമില്ല ഞാനില്ല എന്നും ആരും അറിയുന്നില്ല ഞാനില്ല എന്നാരെങ്കിലും പറയും അത് സംഭവിക്കുന്നില്ല ഇത്രയും പറയണം അതുകൊണ്ട് എന്താണ് ആത്മാവിനെ കുറിച്ച് ആർക്കും സംശയമില്ല അതുകൊണ്ട് ആത്മാവിനെ അറിയാൻ ആരും ആഗ്രഹിക്കത്തില്ല എന്നുവച്ചാ അഹങ്കോ ഗച്ഛാമിത്യാദി ദേഹ സാമാനാരിയറിന്റെ ദർശന ദേഹാലംബനവായ മഹങ്കാരീതി സമ്പ്രദ സന്ദേഹം ആർക്കും ഇല്ല ആത്മാവിനെ അറിഞ്ഞിട്ട് പ്രയോജനവും ഇല്ല അതുകൊണ്ട് ആത്മാവിനെ അറിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ പറയുന്നവർക്കൊരു പൂർവപക്ഷം വരികയാണ് ആ സിദ്ധാന്തിയുടെ ഭാഗത്ത് അതിന് വേറെ ആരൊക്കെ അതിനെ ചോദിക്കും ചെയ്യണം നിങ്ങളീ പറയുന്നത് ശരി എന്താണ് അഹം എന്ന് പറയുന്നത് ആരും ആത്മാവിനെ അറിയുന്നില്ല എന്നുവെച്ചാൽ അഹം കൃഷിക ധർമ്മസാമാനാദികളിലെ ദർശന ദേഹാലംബനവും അഹംസാരും ചാടിക്കേറി പറയുകയാണ് യാഹവന്ന് പറഞ്ഞ ആത്മാവാണെന്ന് ആര് പറഞ്ഞു യാഹവെന്ന് പറഞ്ഞ ശരീരത്തെ കുറിച്ച് പറയാണ് അഹം എന്തുകൊണ്ട് അഹം സ്ഥൂലഹാ ഞാൻ തടിച്ചവനാണ് ആത്മാവാണ് അല്ല ഞാൻ മെലിഞ്ഞവനാണ് ഇതൊക്കെ പറയുന്നത് ശരീരത്തെ കുറിച്ചാണ് അതുകൊണ്ട് അഹം എന്നുള്ളതുകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല അദ്വൈതിയുടെ ഏറ്റവും വലിയൊരു സമസ്യാണ് അദ്വൈതി പറയുന്ന എന്താണ് ഈ അഹം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മാവിനെയാണെന്നോ മറ്റുള്ളവർ ചോദിക്കുന്നത് എന്താണ് അഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആത്മാവിനെയാണ് അഹം എന്ന് പറയുന്നത് ബോധ ശരീരത്തിലാണ് എന്ന് അഹം സ്ഥൂല സമാനാതര അധികരണീയമായി അഹം സ്ഥൂലം എന്നിങ്ങനെ അഭേദമായി നുഭവപ്പെടുന്നത് കൊണ്ട് അഹം എന്ന് പറഞ്ഞാൽ അറിയുന്ന ശരീരത്തേണ് ആത്മാവിനല്ല എന്നാണ് അത് ശരിയല്ല അത് ശരിയല്ലെന്ന് ഇവിടത്തെ മേൻപൂർവക്ഷി അതിനെ ഖണ്ഡിക്കും തത് ആലംബനത്വ യോഹം ബാല്യ പിതരും അനുഭവം സൈവസ്താപിതൃത്രി അനുഭവാമീരിഭവേ ഈ അഹം എന്നറിയുന്ന ശരീരത്തെ അല്ല ശരീരത്തെ ആയിരുന്നു ക്ഷി ചോദിക്കുകയാണ് ഞാൻ ബാല്യത്തിൽ അച്ഛനമ്മമാരെ അറിഞ്ഞു പ്രായ പ്രായം കൂടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്തു ചെയ്യുന്നു എന്റെ കൊച്ചുമക്കളെ അറിയുന്നു എന്നിങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ ഞാൻ എന്റെ ബാല്യത്തിൽ എന്റെ അച്ഛനമ്മമാരെ അറിഞ്ഞു വയസ്സായപ്പോ ഞാൻ എൻറെ കൊച്ചുമക്കളെ അറിയുന്നു എന്ന് പറയുന്നു ഇവിടെ ഇയാള് പറയുന്നത് ഈ ഞാൻ എന്ന് പറയുന്നത് ദേഹമല്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് വിശദീകരിക്കും അങ്ങനെ തദാലോഹു ശരീരയോഹു മനാകിപ്രത്യഭിജ്ഞാനഗന്ധ ഏനൈകത്വ ദിവസീയേത ഞാനെന്താ പറയുന്നത് അഹം എന്ന് പറയുന്നത് ശരീരത്തെ അല്ല പറയുന്നത് ശരീരമായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്റെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയെ അതേ ഞാൻ ആ ഞാനെന്നുള്ളതിനാണ് പ്രാധാന്യം വയസ്സുകാലത്തെ കൊച്ചുമക്കളെ കാണുന്നു എന്ന് പറ്റില്ല എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്തെ ശരീരമല്ല പ്രായമായപ്പോൾ ശരീരം ശരീരം പറയുന്നത് ഞാനെന്ന് പ്രായമായി ചെല്ലെന്നും പറയുന്ന ഒന്നിനെ മാറിയ ശരീരത്തേ ഞാൻ എന്ന് പറയുന്നോണ്ട് ശരീരത്തേനെടുക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ ഞാൻ വേറെ വയസ്സായ ഞാൻ വേറെ പറഞ്ഞ രണ്ട് ശരീരമാണ് പക്ഷെ കുട്ടിക്കാലത്തെ ഞാൻ തന്നെ വയസ്സായ ഞാനെന്ന് പറയുന്നതുകൊണ്ട് ഈ ഞാനെന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് വേറെയാണ് ആ ഞാനിന്റെ വിഷയമാണ് ആത്മാവ് എന്നാണ് പൂർവക്ഷം എന്നു വെച്ചാൽ പൂർവക്ഷത്വം ചെയ്യുന്നു ആത്മാവിനെ സമർപ്പിക്കണം ശരീരമല്ലാതെ സിദ്ധാന്തിക ഒരു ഭാവിന് അനുകൂലമായി വരും അപ്പോ ഞാൻ എന്ന് പറയുന്നത് ശരീരമായിരുന്നു എങ്കിൽ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ശരീരത്തിലെപ്പോഴും ആ ഞാൻ തന്നെ ഈ ഞാനെന്ന് പറയാൻ പറ്റിയിരുന്നു ഞാൻ ഞാൻ എന്നറിയും പക്ഷെ ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് പറയാൻ പറ്റില്ല ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് പറയണെങ്കിൽ എന്ത് വേണം ആ ഞാൻ ഈ ശരീരമല്ല ശരീരത്തിന്ന് വേറിട്ടൊന്നാണ് തസ്മാവർത്തമാനേഷിന്നം യു സമീപിച്ചു അതുകൊണ്ട് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിലുള്ള ഞാൻ എന്ന് പറയുന്നു അന്നത്തെ ഞാൻ തന്നെ ഇന്നത്തെ ഞാൻ അന്നത്തെ ഞാൻ തന്നെ ഇന്നത്തെ ഞാൻ പറയുന്ന ഈ ഞാൻ ആധാരമായിരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന എന്താണ് ഒരു മാലയിൽ കൊയത്തിട്ടിരിക്കുന്ന മണികളുടെ ഉള്ളിൽ കൂടി പോകുന്ന നൂര് പോലെയാണ് മണികൾ മാറുന്നുണ്ട് പലതാണ് പക്ഷെ നൂല് മാറുന്നില്ല അതുകൊണ്ട് പ്രത്യഭിന്ന എന്താണ് പൊട്ടിക്കാലത്തും പ്രായമായപ്പോഴും ഒക്കെ പറയുന്നു ആ ഞാൻ തന്നെ ഈ ഞാൻ പറയുന്നത് ഞാൻ എന്റെ ആശ്രയം ശരീരമെന്താ പിന്നെന്താണ് ഉദാഹരണം പറഞ്ഞത് അത് മണികൾ കൊരുത്തിട്ട ഒരു നൂല് പോലെയാണോ തഥാന്റെ ബാലാദി ശരീരേഷു വ്യാപൃത്തമാനേഷും പരസ്പര അഹങ്കാരാസ്പദം അനുവർത്തമാനം അതുകൊണ്ട് എന്താണ് ം യൗവനം ഭർദ്ധക്യം ഇവിടെ ശരീരങ്ങൾ മാറുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം അനുസ്യൂതമായിരിക്കുന്ന ഞാൻ മാറുന്നില്ല ആ ഞാനിൻ്റെ ആശ്രയമായിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്നും ഏറെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ പൂർവോക്ഷീനം സമൃദ്ധിക്കുകയാണ് ഇതൊക്കെ സിദ്ധാന്തിക്ക് കാര്യങ്ങളാണ് എന്റെ ശരീരത്തിൽ നിന്നും ഭിന്നമായൊരു ശരീരം പലതാണ് അവിടെ ആത്മാവ് ഒന്നാണ് അതുകൊണ്ടാണ് ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ആത്മാവ് എങ്ങനെ നമ്മളറിയുന്നു ഈ അഹം എന്ന് പറയുന്ന ബോധത്തിന്റെ ആശ്രയമാണ് ഇതുമാത്രമല്ല ഇത് കൂടാതെ കാര്യം പറയുന്നത് എന്താണ് സ്വപ്നം ശരീരഭേദം ആസ്ഥയ തൻ ഭുജാനയോഗ പ്രതിബുദ്ധിയ മനുഷ്യ ശരീരമാത്മാനം പശ്യൻ ലാഹം ദേവോ മനുഷ്യരീരേ ബാധ്യമാനേ പിന്നെ അമാസ്പദം അപാധ്യമാനം ശരീരാഭിന്നം പ്രതിബദ്ധ്യത ഒരാൾ സ്വപ്നത്തിൽ പോയി അവിടെ ആരായി ഇന്ദ്രനായി ചന്ദ്രനായി അതായി ഇതായി അത് സ്വപ്നം വിട്ട് വളർന്ന് ഇവിടെ വീണ്ടും എന്തായി കൃഷ്ണനായി കേശവനായി രാമനായി ഇതിൽ നിന്ന് എന്ത് മനസിലാക്കാം ഇപ്പോൾ ഇവിടുത്തെ രാമന്റെ ശരീരം വേറെ ഇപ്പൊ ശരീരം മാറിയിട്ടവിടെ എന്താ പറയുന്നത് സ്വപ്നത്തിൽ ദേവനായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പൊ രാമനായിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിൽ നിന്ന് വേറിട്ടാണ് ഞാൻ ആ ഞാനിന്റെ ആശ്രയമാണെന്ത് ആത്മാവ് ശരീരം മാറിയാലും ആത്മാവ് വേറിട്ടുണ്ട് എന്ന് കൊണ്ട് അഹത് എന്ന് പറയുന്ന അവിടെ വിലയൊക്കെ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഞാൻ ശരീരമല്ല എന്നർത്ഥം ഇനി ഇതല്ല വേറെ യുക്തി പറയും ഇതൊക്കെ ആരാ പറയുന്നത് പൂർവ്വപക്ഷിയാണ് പക്ഷെ ഇതൊക്കെ സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യം അപ്പോ ഈ സിദ്ധാന്തത്തിന്റെ കുറേശെ കുറേശ് ഭാഗങ്ങൾ പൂർവ്വപക്ഷിയെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് പഴയ അഭിന്നം അനുഭവതി അത് മാത്രമല്ല യോഗവ്യാകരൻ പഴയ കാലത്തെ പുസ്തകങ്ങൾ പറയുന്നതാണ് നായ ശാസ്ത്രങ്ങൾ പോലെ ഇങ്ങോട്ട് എല്ലായിടത്തും ഒരു യോഗ വ്യാഘരന്റെ കഥ പറയുന്നുണ്ട് ഒരു കഥ പോലെയാണ് എന്താണ് ഒരു യോഗി ഒരേ സമയം തന്നെ പല ശരീരങ്ങൾ സ്വീകരിക്കും അത് വ്യാഘ്രമാകാം സിമഹമാകാം ആനയാകാം കുതിരയാകാം പട്ടിയാകാം പൂച്ചയാകാം എന്തുവാകാം പല ശരീരങ്ങളിൽ സ്വീകരിച്ചിരുന്നാലും ആ യോഗി എന്തറിയുന്നു ആ പൂച്ച ശരീരത്തിൽ ഇരിക്കുന്നവൻ തന്നെയാണ് ഇതായി സിമുഖ ഞാൻ തന്നെയാണ് ആ പുല്ലിയുടെ ശരീരത്തിൽ എന്നൊക്കെ അറിയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് ഈ ശരീരങ്ങളിൽ നിന്നെല്ലാം ഭിന്നമാണ് താനെന്ന് തന്നെ കുറിച്ച് അയാൾ അറിയുന്നുണ്ട് അപ്പൊ ശരീരത്തിൽ നിന്ന് ഭിന്നമായി അഹം എന്ന് പറയുന്ന അനുഭവത്തിന് ആശ്രയമായി ആത്മാവുണ്ട് എന്ന് പറയുന്നതിലൂടെ എത്ര വ്യക്തികൾ പറഞ്ഞു എണ്ണം പറഞ്ഞു ഒന്ന് ബാല്യം മുതൽ വാർദ്ധകൃം വരെയുള്ള ദേഹങ്ങളിൽ സോഹം എന്നുള്ള അനുഭവം ഉള്ളത് കൊണ്ട് ആത്മാവ് വേറെയാണെന്ന് പറഞ്ഞു മറ്റൊന്ന് സ്വപ്നത്തിൽ ശരീരം ജാഗ്രത്തിലെ ശരീരം വേറെയാണെങ്കിൽ സോഹം എന്ന അനുഭവം ഉള്ളതുകൊണ്ട് ആത്മാവ് പറഞ്ഞു മറ്റൊന്ന് യോഗവ്യാപ്യനും പല മൃഗശരീരം സ്വീകരിച്ചാലും എല്ലാത്തിനും ഞാൻ ഞാൻ എന്നറിയുന്നു ഇതെല്ലാം ശരീരത്തിൽ നിന്നും ഭിന്നമാണ് ആത്മാവ് എന്ന് സമർത്ഥിച്ചു ഇത് ഇന്ന് അഹങ്കാരാലം ബലം തെയാണ് അതുകൊണ്ട് ഈ അഹം എന്ന അനുഭവത്തിന് ആശ്രയമായിരിക്കുന്ന ദേഹമല്ല പിന്നെ എന്താണ് ആത്മാവാണ് ഇത്രയും പറഞ്ഞ ഒരു വിഷയമാണ് അഹമെന്ന് പറയുന്ന അനുഭവത്തിന് ആശ്രയമായിരിക്കുന്നത് ഇതൊക്കെ മതപ്രഭാഷണത്തിന് കൊള്ളാം കേട്ടോ െന്ന് പറയുന്ന പൊട്ടന്മാരാണ് അവളെ മുമ്പേ ഇരിക്കുന്നെങ്കിൽ വിവരം അവളാറുണ്ടെങ്കിൽ ഒന്നും പറയല്ലേ എഴുന്നേറ്റ് പോവാൻ പറയും നമുക്ക് പൊട്ടന്മാരേണ്ടതൊക്കെ പറയാം ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവ് അഹത്തിന്റെ ആശ്രയമായിരിക്കുന്ന ആത്മാവെന്ന് നമുക്ക് പറയാം ആൾക്കാരെ പറയൂ എന്തോ ഒരു വിവരമാണ് ഇനി അതേവന ഇന്ദ്രിയംബന അഹം അനുഭവത്തിന്റെ ആലംബനമല്ല എന്നിട്ട് ഇന്ദ്രിയ ആത്മാവല്ലാന്ന് എന്തുകൊണ്ട് ഇന്ദ്രിയേദേവി യോഹമദ്രാക്ഷം സേവൃ സ്പൃശാമിത്യഹം ആലംബന പ്രത്യജ്ഞാന ഇന്ദ്രിയ പറയുന്നത് എന്താണ് കണ്ണെന്ന് പറയുന്നൊരു ഇന്ദ്രിയം ൊക്കെന്ന് പറയുന്ന മറ്റൊരിന്ദ്രിയം ഞാൻ പറയാണ് കണ്ട ഞാൻ തന്നെയാണ് ഇപ്പൊ സ്പർശിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത് കണ്ട ഞാൻ തന്നെയാണ് സ്പർശിക്കുന്നത് കണ്ട ഞാൻ തന്നെയാണ് സ്പർശിക്കുന്നത് അപ്പൊ ഇന്ദ്രിയമാണ് ആത്മാവെങ്കിൽ കണ്ട ഞാൻ ഇപ്പൊ സ്പർശിക്കുന്നു പറയാൻ പറ്റുമോ പറ്റോ ഉം എന്തുകൊണ്ട് എവിടെയൊക്കെ ആയിപ്പോയി കണ്ട ഞ ഞാനെന്ന് വരുന്ന കണ്ണെന്ന് കാണുന്ന കണ്ണാണ് സ്പർശിക്കുന്ന തൊക്കാണ് തൊകേന്ദ്രിയാണ് ഇന്ദ്രിയങ്ങളാണ് ആത്മാവെങ്കിൽ കണ്ട ഞാൻ സ്പർശിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം കണ്ട ഞാൻ ചക്ഷു ഇന്ദ്രിയമാണ് സ്പർശിക്കുന്ന ഞാൻ തൊക രണ്ട് രണ്ടാണ് ഒന്നല്ല രണ്ടും ഒന്നാണ് രണ്ടാണപ്പൊ ഇതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും കണ്ട ഞാൻ വേറെ സ്പർശിക്കുന്നു ഞാൻ വേറെ എന്തുകൊണ്ട് ഈ രണ്ടിന്ദ്രിയങ്ങളും വേറെ വേറെയാണ് അപ്പൊ കണ്ട ഞാൻ തന്നെ സ്പർശിക്കുന്നു എന്ന് പറയണ രണ്ടിനും കൂടെ ഒരു ഞാനിരിക്കത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് രണ്ടിനും കൂടെ ഒരുഞ്ഞിരിക്കുന്നില്ല രണ്ടിന്ദ്രിയങ്ങളും വേറെ വേറെയാണ് രണ്ടിന്ദ്രിയങ്ങളും എന്തുകൊണ്ട് വേറെ ആയിരിക്കുന്നു അതിന് ഉത്തരം പറയാ രണ്ട് ഇന്ദ്രിയങ്ങളെന്തുകൊണ്ട് വേറെ വേറെയായിരിക്കുന്നു എന്തുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ സ്പർശിക്കാൻ പറ്റൂല തൊഴിന്തി കൊണ്ട് സ്പർശിക്കാനേ പറ്റൂ ഈ പറയുന്ന വിശ്രത്തി കണ്ണുകൊണ്ട് കാണാനേ പറ്റത്തുള്ളൂ സ്പർശിക്കാൻ പറ്റത്തില്ല തൊഹിന്ദ്രിയ കൊണ്ട് സ്പർശിക്കാനേ പറ്റും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ രണ്ടിന്ദ്രിയങ്ങളും വേറെ വേറെയാണ് അപ്പൊ ഞാൻ കണ്ട ഞാൻ തന്നെ സ്പർശിക്കണമെന്ന് പറയണമെങ്കിൽ ഈ രണ്ട് ഇന്ദ്രിയങ്ങളൊന്നും നേരിട്ടൊരാളും കാണാൻ അതാണ് ആണ് നമ്മളഹം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളല്ല വ്യത്യസ്തങ്ങളായ ഇന്ദ്രിയങ്ങളല്ല ആത്മാവ് മനസ്സിലായ ഇന്ദ്രിയങ്ങളും ആത്മാവല്ല വിഷയഭ്യസ്ത വിവേകാനേവാ വിഷയങ്ങളിൽ നിന്നും ആത്മാവ് വേറെയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് കാരണം വിഷയം പുസ്തകമാണ് ഞാൻ പറയുമോ ഞാൻ പുസ്തകമാണ് പറയാൻ പറ്റുമോ അപ്പം വിഷയങ്ങളിൽ നിന്നുള്ള ആത്മാവ് വളരെ സ്പഷ്ടമാണ് എന്റെ ഭേദം കാരണം വിഷയങ്ങളിലൊന്നും ആത്മബുദ്ധി ഉണ്ടാകാറില്ല അതെന്നൊക്കെ സ്ഥവ്യാന്ന് വെച്ചാൽ വളരെ സ്ഥൂടം എന്നുവെച്ചാൽ വളരെ സ്പഷ്ടം അർത്ഥം കാരണം വിഷയഭ്യസ്തു അസ്യവിവേകം വിഷയഭ്യസ്തു അസ്യ ആത്മാവിന്റെ വിവേകം സ്പഷ്ടമാണ് ബുദ്ധിമനസോസ്റ്റാ കർണയോ രഹം കർത്തേരി കർത്തൃപ്രതിഭാസ പ്രഖ്യാന ആലംബന അയോഭ ഇനി രണ്ടു കാര്യങ്ങളുണ്ട് ബുദ്ധിയും മനസ്സും ബുദ്ധിയും മനസ്സും എന്ന് പറയുന്നത് കരണങ്ങളാണെന്ന് വെച്ചാൽ ബുദ്ധിയെന്ന് പറയുന്നത് നിശ്ചയത്തിന് ഉപയോഗിക്കുന്നു മനസ്സെന്ന് പറയുന്നത് സങ്കല്പത്തിനുപയോഗിക്കുന്ന കരണങ്ങളാണ് ആരുടെ എന്റെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് രണ്ടും അത് ഞാനാകത്തില്ല എന്റെ കയ്യിലിരിക്കുന്ന ഓടാൻ ഞാനാകും അതുപോലെ എന്താ കൈദിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണെന്തോ ബുദ്ധിയും മനസ്സും അതൊരിക്കലും ഞാനാകത്തില്ല അതുകൊണ്ട് ബുദ്ധിയും മനസ്സും ആത്മാവല്ല പക്ഷെ കൃഷോഹം അന്തോഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെയൊക്കെ അഹം ണോ ശരീരമാണോ അന്തോഹം ഞാൻ കുറടനാണ് ഞാൻ അന്തനാണോ അപ്പൊ വീണ്ടും ശരീരം ഇന്ദ്രിയൊക്കെയാണ് ആത്മാവുന്നു എല്ലായിടത്തും പറയുന്നത് ഇതൊക്കെ ഔപചാരിക പ്രയോഗമാണ് മുഖ്യമായ പ്രയോഗിക്കുന്നില്ല അതുപോലെ കാട്ടില് തട്ടുപന്തലിട്ടിരുന്നു കാട്ടുമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടി കൃഷിക്കാരൻ്റെ മേടിക്കയറി ഇരുന്നേറ്റ് നിലവിളിക്കുന്നു കോരുന്നു ദൂരെ ഇന്നത് കേക്കുന്ന ഒരാൾ പറയുന്നത് മഞ്ചാഹക്രസന്ധി മഞ്ചം നിലവിളിക്കുന്നു മഞ്ചാണോ നിലവിളിക്കുന്നത് ആണോ മഞ്ചത്തിലിരിക്കുന്ന മനുഷ്യരാണ് നിലവിളിക്കുന്നത് ഈ പറയുന്ന കേൾക്കുന്നു അവിടെ തപ്പിക്കൊണ്ടിരുന്നതൊന്നും കിട്ടത്തില്ല ആ വിവരമുണ്ടെങ്കിൽ ഇപ്പൊ ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പറയുന്നത് കേക്ക് അവിടെ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും കിട്ടത്ത വായിച്ചെടുക്കുമ്പോഴേ തന്നെ ഇരുപത്തിയാല് മണിക്കൂർ കൂടി ഇപ്പൊ തുടങ്ങിയ മനസിലായി പിന്നെ ഈ പറയുന്നത് ശ്രദ്ധിച്ച കൊറേ ആശയങ്ങൾ കിട്ടും കാട്ടന്റെ ഇരുന്നുകൊണ്ട് മഞ്ചത്തിന്റെ ഇരുന്നുകൊണ്ട് ആൾക്കാർ മഞ്ചാഹ ക്രോസ് ചെയ്യുന്നു ഇരുന്നുകൊണ്ട് ആൾക്കാർ നിലവിളിക്കുമ്പോൾ കേട്ടിട്ട് ദൂരുന്ന മഞ്ചാ ഹ്രോസ് എന്ത് ചെയ്യുന്നു എന്റെ മഞ്ചമല്ല നിലനിൽക്കുന്നു മഞ്ചത്തിലിരിക്കുന്ന മനുഷ്യരെ നിലവിളിക്കുകയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഞാൻ അന്ധനാണ് ഞാൻ സ്ഥൂലനാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗൗണമായിട്ട് എന്താണ് ശരീരത്തിന് ഇന്ദ്രിയൊക്കെ ഇന്ദ്രിയത്തിനെയുള്ള അഹോന്ന് പറയാണ് ശരിക്കും അഹോന്ന് പറയുന്നത് ശരീരമോ ഇന്ദ്രിയോ അല്ല അതിന്റെ പിന്നിലുള്ള ആത്മാവിനെയാണ് അഹോ എന്ന് പറയുന്നത് അതിനാണ് ഗൗണപ്രയോഗം എന്ന് പറയുന്നത് ഇതെല്ലാം യുക്തം ഉപ്പശ്യാമി വരുന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ സമർത്ഥിച്ചു കാണിച്ചു തരാം എന്നാണ് പറയുന്നത് തസ്മാതങ്കാരാസ്പേഭ്യോ ദേവേന്ദ്രിയ മനോബുദ്ധി വിഷയഭ്യോ വ്യാപൃത്തുഭവഗന്യ ആത്മാ സംശയ അഭാവാ അതിജ്ഞാസീതി സിദ്ധം ഇത്രയും പുറോക്ഷി പറയാണ് അതുകൊണ്ട് ഒരാള് വളരെ വ്യക്തമായി അഹം എന്നിങ്ങനെ ആത്മാവിനെ ശരീരം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഇവയിൽ എല്ലാം വേറിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ആത്മാവ് വളരെ സ്പഷ്ടമാണ് ആത്മാവിനെ കുറിച്ച് ആർക്കും സംശയമില്ല അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് വിചാരം ചെയ്യേണ്ട ആവശ്യം ഇല്ല ഈ ശാസ്ത്രം വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത് പൂർവോക്ഷം ഇതാണ് പൂർവോക്ഷം ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ തന്നെ ധാരാളമാണ് ഇന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇത്രയും ചുരുക്കി പറഞ്ഞത് വായിച്ച അർത്ഥം മനക്കാനൊക്കെ കഴിയുമെങ്കിൽ നല്ലത് അത് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എങ്കിലും മനസിലാക്കും ഇത്രയും മനസ്സിലാക്കുക എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ുക്കി പറഞ്ഞിരിക്കാണ് അപ്പോ ഗാന്ധി എന്താ പറഞ്ഞത് ഈ ആത്മാവിനെ കുറിച്ച് ആർക്കും സംശയമില്ല എന്തുകൊണ്ട് അതിനാണ് ഇതുവരെ വിശദീകരിച്ചത് ആത്മാവ് എല്ലാവർക്കും സ്പഷ്ടമാണ് എങ്ങനെ സ്പഷ്ടമാണ് അഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആശ്രയമായി ആത്മാവ് എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കുന്നത് സംശയം ഇല്ലാത്തതുകൊണ്ട് ഈ ആത്മാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇനി യാതൊരു ജിജ്ഞാസയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ വിചാരത്തിന്റെ ആവശ്യമില്ല ഈ പ്രസവം മടക്കി വയ്ക്കാം ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യം ഇല്ല ഇതാണ് പൂർവക്ഷം പറയുന്നത് ഇത്രയും മനസിലാക്കിയ ധാരാളം